അള്ളാഹുസുബ്ഹാനഹു വയല തന്നെയാണ് മറിയമ്മിന്റെ മകനായ മസീഹ എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യനിഷേധികളായിരിക്കുന്നു പറയുക മറിയമ്മിന്റെ മകനായ മസീഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള എല്ലാവരെയും നശിപ്പിക്കാൻ അള്ളാഹുസുബാനഹു വയല ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനെ തടയാനാർക്കാണ് കഴിയുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളവയുടെയും ആധിപത്യം അള്ളാഹുസുബാനഹു വാലാവിനാണ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അള്ളാഹുസുബാനുഹുവറ്റായാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്